അദൃശ്യവാർത്തകളിൽ നിന്നുള്ള ചില കാര്യങ്ങളാണിവ നാം നിനക്ക് വെളിപ്പെടുത്തി തരുന്നത് ഇതിനു മുൻപ് നീയോ നിന്റെ ജനതയോ ഇതറിഞ്ഞിരുന്നില്ല അതിനാൽ നീ ക്ഷമിക്കുക തീർച്ചയായും അന്തിമ വിജയം സൂക്ഷ്മത പാലിക്കുന്നവർക്കുള്ളതാണ്